ഏതൊരു വജനത്തെ നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് മറപ്പിക്കുകയോ ചെയ്താലും അതിനേക്കാൾ ഉത്തമമായതോ അല്ലെങ്കിൽ അതിന് സമാനമായതോ ആയ ഒന്ന് നാം കൊണ്ടുവരുന്നതാണ് അള്ളാഹു സുബാനഹു വാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ